പാദാം വിധ്വസ്ത ശേഷം രാമാനുജാൻ വ്യാമനാചാര്യരെ പ്രണമിച്ചുവെന്നാണ് ഭാഷ്യം തുടങ്ങുന്നത് ഭാഷയിൽ നമ്മൾ ചർച്ച ചെയ്ത ശാന്ങ്കരഭാഷയാണ് ഇപ്പോ ശാന്തര ഭാഷയിൽ ഗീതയുടെ എല്ലാം വിശദീകരിക്കുന്നുണ്ട് ഇത് പദങ്ങളുടെ അർത്ഥം പറയാൻ പറ്റത്തില്ല അതിന്റെ ആശയം വിശദീകരിക്കുന്നവർക്ക് പൂർണമായും അദ്വൈതമാണ് ഭാഷകാരൻ വിശദീകരിക്കുന്നത് ഞാൻ പദാർത്ഥത്തിന്റെ കാര്യം പറയും ശ്ലോകാർത്ഥത്തിൻ്റെ കാര്യം ഈ സാധനങ്ങളൊന്നും എല്ലാം ഗീതയിലില്ലാത്ത ഗീതയുടെ അകത്തുകൂടി പോകുമ്പോഴ് ഭാഷകാരന്റെ അദ്വേതം ഈ ഭക്ഷ്യകാരനും നമ്മൾ പല അദ്വൈതങ്ങളും ഉണ്ടായിരുന്നു ഭക്ഷ്യകാരനും വളരെ മുമ്പേ ഉണ്ടായിരുന്നു അദ്വൈതം അതുകൊണ്ട് അദ്വൈതം ഗീതയിൽ എന്ന് പറയാൻ പറ്റും പഞ്ചരാത്രം എന്ന് പറയുന്ന ഒരു ആഗമ ശാസ്ത്രം അതിലെ അദ്വൈതോടെ രാമായു ചർച്ച ചെയ്യും അപ്പൊ അദ്വൈതം ഉണ്ടായിരുന്നു പക്ഷെ ശങ്കരാചാര്യെന്ന് പറയുന്ന അദ്വൈതം ഭഗവത്ഗീതയും നോക്കുക നേരിട്ട് കിട്ട പിന്നെ എന്താണ് അദ്വൈതത്തിനുള്ള പ്രസിദ്ധിയുണ്ട് അദ്വൈതമെന്ന് പറയുന്ന ആ തത്വചിന്തക്കുള്ള പ്രസിദ്ധി കൊണ്ട് ആണ് ഗീതയില് ശാങ്കരഭാഷയ്ക്ക് ഇത്രയും പ്രചാരമുണ്ട് അത് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞു പല മദ്യങ്ങളുടെയും വിശദീകരണങ്ങളിൽ ആ സമയം തന്നെ ഞാൻ ഈ രാമായ ഭാഷത്തെ വിശദീകരിക്കാൻ ഈ രാമായ ഭാഷയത്തെ ആശ്രയിച്ചിട്ടുണ്ട് ഇത് ഇവിടെ ഈ രാമായീന്ദ്ര ഭാഷത്തിലും തന്നെ പക്ഷെ ശാങ്കരഭാഷ്യത്തെ അപേക്ഷിച്ച് പറയണമെങ്കിൽ ഗുവിധാശ്രമങ്ങളും കുറച്ചുകൂടി കടത്ത് നിൽക്കുന്നതാണ് രാമായിക ഭാഷ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ് എന്ന് വെച്ചത് രാമാനുജാചാര്യത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷത അദ്ദേഹം അദ്വൈതത്തെ സ്വീകരിക്കുന്നുണ്ട് ഭാഷകാരന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ദ്വൈതത്തെ അംഗീകരിക്കത്തേല്ല ഇതാണ് രണ്ടു രണ്ടുകളുടെ വ്യത്യാസം ഗീത വിശദീകരിക്കുമ്പോൾ ദ്വൈതത്തെ അംഗീകരിക്കാതെ എങ്കിൽ ഒരാൾ വിശദീകരിക്കണം ഗീതയുടെ സ്വഭാവം പ്രയാസമാണ് പക്ഷെ ഭാഷകാരനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാന ത്രയത്തിന് ഭാഷ്യമേ തന്റെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുക തന്റെ സിദ്ധാന്തത്തിന്റെ അദ്വൈതം കേവലാദ്വൈതം എന്നും മറ്റും ഉൽക്കാലത്തറിയപ്പെട്ട ആ ദ്വൈതത്തെ സമർത്ഥിക്കുക അതിനുവേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ അതെഴുതിയത് അപ്പോ അവിടെ ദ്വൈതത്തിന് യാതൊരു സ്ഥാനം അദ്വൈതത്തിൽ കൊടുക്കാൻ പറ്റത്തില്ല ഇത് കണ്ട് ശരിക്കും രാമാനുചാര്യ സങ്കടം വന്നാണ് അദ്ദേഹം എന്ത് ചെയ്തു അതിനെ ഖണ്ഡിച്ചുകൊണ്ടായിരുന്നു അവിടെയാണ് പണം പക്ഷുകാരനെ ഖണ്ഡിച്ചുകൊണ്ടായിരുന്നു അത് രാമാനുജാചാര്യരുടെ ശരിക്കുള്ള ആ മനസ്സിലാക്കുന്നു ശ്രീ ഭാഷ ബ്രഹ്മസൂത്ര ഭാഷ മനസ്സിലാക്കാം അവിടെ പലതരത്തിലുള്ള അനുഭവത്തികൾ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം നയിക്കുന്നു പിന്നെ അതെല്ലാം ഈ ഖണ്ഡന എന്ന് വെച്ചാൽ ഒരിക്കലും അവസാനിക്കുന്ന കാര്യമില്ല ഈ രാമാനുജ പരമ്പരയിൽ വളരെയധികം പ്രഗത്ഭന്മാരായ ആചാര്യന്മാരുണ്ടായി നിസ്സാരന്മാരല്ല ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് ഇവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡിച്ചിട്ടുണ്ട് ഇവരൊന്നും ഒരു തീരുമാനമായിട്ടുണ്ട് അങ്ങനെ ഖണ്ഡനം ചെയ്തതിൽ ഏറ്റവും പ്രഗത്ഭനായ പുസ്തകത്തിൽ വ്യാഖ്യാൻ വഴിയിരിക്കുന്ന വെങ്കടനാഥൻ വേദാന്ത ദേശീയൻ എന്നറിയപ്പെടുന്നു അദ്ദേഹം രാജാര്യ കാലം പറയുന്നത് ആയിരത്തി ഒരുന്നൂറുകളിലാണ് എന്റെ തുടക്കത്തിലെന്നാണ് പൊതുവെ ചരിത്രകാരന്മാർ പറയുന്നത് അഭിപ്രായ വ്യത്യാസം ചരിത്രം ഇല്ലാത്തത് കൊണ്ട് തന്നെ കഥകളെ അവലംബിച്ച് പറയുന്നത് ഇതിനകത്ത് അഭിപ്രായ നൂറ് വയസ് അല്ല നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിച്ചിരുന്നാണ് കഥ അത് ശരിയാണോന്നറിയത്തില്ല പിന്നെ തുടക്കം പോലെ തന്നെ ഈ അദ്വൈതികളുമായിട്ട് ഒരു ശീതസമരമുണ്ട് ഇഷ്ടം പക്ഷെ അത് ഇപ്പം ഈ ഈ ഇഷ്ടാദ്വൈതത്തെക്കുറിച്ച് പറയുന്നവർ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയവർ അവരങ്ങനെ ഒരു സമരത്തെ അവര് അഡ്രസ് ചെയ്യുന്നില്ല സമരം നടത്തുന്നില്ല അവരൊരു സമന്വീയ രീതിയിലാണ് ഞാൻ ചെറിയ പ്രഭാഷണ അദ്വൈതമായിട്ടൊരു ഏറ്റുമുട്ടല രീതിയിലാണ് സംസാരിക്കുന്നത് അത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അവര് ചെല്ലത്തില്ല ഒരുപാട് ഒന്നു ഞാൻ കേട്ടു അവരത് സമന്യാണ് അവർ അദ്വൈതത്തെ അംഗീകരിക്കില്ല എന്നാൽ ഒരു ഏറ്റുമുട്ടലെന്നില്ല അവരിപ്പൊണ്ടങ്ങനെയല്ല എല്ലാത്തിനും ഒരു ശീതസമരം ഉണ്ടാവും ഇപ്പോൾ ശങ്കരാചാര്യൻ നേരത്തെ പോയല്ലോ എന്നു വച്ചാൽ വളരെ കുറഞ്ഞ പ്രായത്തെ തന്നെ ശരീരം ഉപേക്ഷിച്ചു എന്നാണ് കഥ അങ്ങനെയാണെങ്കിൽ രാമാനുചാര്യ എന്തുവേണോ നൂറ്റി ഇരുപത് വരെ ജീവിച്ചിരിക്കുന്നു അതിന് ബദൽ കഥയുണ്ടാക്കിയതായിരിക്കും അങ്ങനെ പല കാര്യങ്ങളിലും ഉണ്ട് ഇപ്പോ രാമാനുചാര്യത്തിൽ യാദവപ്രകാശ് എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ കഥ പഠിക്കാൻ പോയെന്നും അദ്ദേഹം അദ്വൈതിയായിരുന്നു എന്ന് പറയുന്നു പക്ഷെ അദ്ദേഹം അദ്വൈതി അല്ല എന്നും പറയുന്നു കഥകളിൽ ശരിക്കും ശങ്കരാചാര്യരുടെ അദ്വൈതമുണ്ട് കലാദ്വൈതങ്ങളുണ്ടല്ലോ അദ്ദേഹം ഭേദാഭേദവാദിയായിരുന്നു അങ്ങനെ ഒരു അദ്വൈതിയായിരുന്നു എന്നും എന്തായാലും രാമാനുചാര്യക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടില്ലെന്നും അപ്പോൾ അദ്ദേഹം രാമാനുചാരി കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു കഥ അതിനെ അതിജീവിച്ചത് അങ്ങനെയുള്ളു അതും അശീത സമരത്തിന്റെ ഭാവമാണ് പിന്നെ ശിഷ്യനായ യാതവ പ്രവാസന ശിഷ്യനായിട്ടാണ് കഥയാണ് കഥയാണ് ഇതല്ല എന്തായാലും ആയിരത്തി ഒരുന്നൂറിലും നടന്ന കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ കേട്ടു വരുന്ന കഥയെന്നല്ലായിരുന്നു എന്ത് പറയാൻ ഇദ്ദേഹം ചരിത്ര പുരുഷനാണോ സംശയവുമില്ല ഈ കഥകളൊക്കെ യോജിക്കുന്ന ഉണ്ടല്ലോ അദ്ദേഹം പഠിക്കാൻ പോയ ആൾ കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞ അത് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ ഇത് ഈ ആധ്യാത്മിക ആചാര്യന്മാരുടെയൊക്കെ ജീവചരിത്രമായിട്ട് അല്ല അവരുടെ അതിശയവുക്തികൾ ജീവിതത്തിൽ കലർത്തിവിടുക എന്ന് പറയുന്നു അതിൻ്റെ പിന്നെ ഒരു പൊളിറ്റിക്സുണ്ട് പൊളിറ്റിക്സാണെങ്കിൽ അതിശയവുക്തികൾ ഞാൻ പറയുന്നത് അനുയായികളതിശയോക്തികൾ പറയുന്നു അപ്പൊ ഞാൻ പറയുന്നതല്ല നിങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ പറയുന്നു അങ്ങനെ രാമാനുജാചാര്യത്തിലും അത് എഴുന്നൂറ് മഠം സ്ഥാപിച്ചതെന്ന് പറയും അതിന് ചരിത്രരേഖയൊന്നുമില്ല എഴുന്നൂറ് കൂടെ സ്ഥാപിച്ചത് പക്ഷെ അങ്ങനെ വിശ്വസി പരമ്പരയിൽ വിശ്വസി അത്രയും പ്രഗത്ഭനായിരുന്നു ഈ എഴുന്നൂറുകളൊക്കെ അങ്ങനെ ഒന്ന് ശങ്കരായ കഥയില് നാല് മടങ്ങും മനസ്സിലായി ഇതാണ് ചെയ്യുന്ന സൗരം എന്ന് പറയുന്നത് എന്നാൽ പിന്നെ ഞങ്ങളുടെ ആചാര്യൻ എഴുന്നൂറാണ് അപ്പൊ ഇങ്ങനെ ഒരു അതൊന്നും എവിടെ അതെങ്ങനെ പറയാൻ പറ്റും ഇപ്പൊ ഉള്ള മഠങ്ങളുടെ പേരൊക്കെ നിങ്ങൾക്ക് നെറ്റെടുത്ത് നോക്കിയാൽ കാണാം പിന്നെ ഈ ഇപ്പോ ഈ രാമാനുജ പരമ്പരയിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു കുട്ടികളെ രാമാനന്ദ സമ്പ്രദായം വടക്കേന്ത്യ അവർക്ക് ധാരാളം ആശ്രമങ്ങളുണ്ട് അത് ചേർത്ത് എഴുന്നൂറ് കൂടുതല് അത് നോർത്ത് ഇന്ത്യയിലാണ് ചെറിയ വ്യത്യാസമാണോ ഇവരുടെ ഇടയിൽ തന്നെ എന്താണ് തെങ്കല വടകല കുറി തെറ്റി കിടന്നുണ്ടല്ലോ അത് യു ആണെങ്കിൽ വടകല വി ആണെങ്കിൽ തെങ്കല നടത്തി ഗോപിയങ്ങളാണ് ഇനി സിദ്ധാന്തത്തിലാണെങ്കിൽ ഈ വശിഷ്ടാദ്വൈതത്തിന്റെ ഇവിടെ ഉള്ളവർ പറയുന്നത് ഇന്നും പറയുന്നത് ഞങ്ങൾ ദ്രാവിഡ സമ്പ്രദായവും സനാതന സമ്പ്രദായം സംസ്കൃത സമ്പ്രദായവും രണ്ടും സ്വീകരിക്കുന്നു എന്നാണ് ഇന്നുള്ള ഇന്ന് വൈഷ്ഠാദ്വൈതത്തിന്റെ ആചാര്യന്മാർ ഇവിടെ തുടങ്ങിയ തമിഴ്നാട്ടിലുള്ള ഒരു പ്രധാനമായിട്ട് അപ്പോ പക്ഷേ ഇത് ഒരു പതിമൂന്നാം നൂറ്റാണ്ടുമുതൽ തന്നെ ഇത് പിരിയാൻ തുടങ്ങി ഏകദേശം പതിനെട്ടാം നൂറ്റാണ്ടൊക്കെ തന്നെ രണ്ടായി തെങ്കലിയും വടകരയും അത് കാഞ്ചീപുരം കേന്ദ്രമായി വടകരയും മറ്റേ ശ്രീരംഗം കേന്ദ്രമായി തെങ്കലിൽ വന്നു ഇപ്പോൾ തെങ്കലയുടെ പിള്ളയിൽ ലോകനാഥാചാര്യൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വന്നു വടകലയും ഇദ്ദേഹം വേദാന്ത ദേശീയ സംസ്കൃത പാരമ്പര്യവും തമിഴ് പാരമ്പര്യം തമിഴ് പാരമ്പര്യത്തിൽ ആൾവാറന്മാർഗ പ്രബന്ധങ്ങൾ നാലായിരം പ്രബന്ധമെന്നൊക്കെ അതിന് പ്രാധാന്യം കൊടുക്കുക അതിന് പരമ്പരയിൽ അവർക്ക് പറയുന്നത് വേറെ പോലെ തന്നെ കാരണം അവരുടെ കണക്കനുസരിച്ച് ബി സി രണ്ടായിരത്തി അഞ്ഞൂറിന് മേളിൽ നാലായിരത്തി അഞ്ഞൂറിനകമാണ് ഈ പാടലുകളെല്ലാം ഉണ്ടായിരുന്നത് ഭക്തിയിൽ മുഴുകിയവർ ആണ് എന്നാണ് അവര് സമ്പ്രദായത്തിൽ എന്നെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് അങ്ങനെയൊന്നുമില്ല പുതുവർഷത്തിൽ അഞ്ചാം നൂറ്റാണ്ടിനു ഒമ്പതാം നൂറ്റാണ്ടിനകമുള്ള കാലഘട്ടത്തിലാണ് ഇത് രൂപപ്പെട്ടു വന്ന പറയും ഒമ്പതാം നൂറ്റാണ്ടിൽ നാഥമുനി അംഗീകരിക്കുന്ന ഒത്തിരി ആചാര്യന്മാരുണ്ട് അതൊക്കെ പേര് വെക്കാൻ പ്രയാസം പ്രഗർഭന്മാരായ ആചാര്യന്മാർ നാഥമുനി ഇതിനെയൊക്കെ സംഗ്രഹിച്ച് ഈ ആൾവാളന്മാരുടെ കീർത്തനങ്ങളെല്ലാം സംഗ്രഹിച്ചു അദ്ദേഹം സ്വതന്ത്രമായി സംസ്തൃതത്തിൽ നടത്തി അദ്ദേഹത്തിന്റെ കൊച്ചുമകനാണ് വ്യാമനാചാര്യൻ എന്ന് പറയുന്നു ഇതൊക്കെ കഥകളാണ് അപ്പോ വ്യാമനാചാര്യർ ആണ് ഗീതാർത്ഥ സംഗ്രഹം എഴുതിയിരിക്കുന്നത് ഈ ഗീതാർത്ഥ സംഗ്രഹത്തെ മുൻനിർത്തിയിട്ടാണ് കൂടാനിന്റെ ഒരു ശ്ലോകം കൊടുക്കും വേദാന്ത ദേശീയ ഗീതാ ഭാഷ്യവും രാമാനുജാരുടെ മുഴുവൻ രഹിച്ചിരിക്കുന്നു അപ്പോ ആ ഒരു വിഭാഗം വന്നത് കേവലം ആചാരങ്ങളിൽ മാത്രമല്ല അവിടെ ഈ പറയുന്ന സംസ്കൃതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭാഗവും പിന്നെ തമിഴ് പരമ്പരയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭാവം ഏ പറയുന്നത് ഇനി ഭക്തിയിൽ വ്യത്യാസമുണ്ട് ഒരു കൂട്ടുന്നു പറയുന്നത് ഭക്തൻ എങ്ങനെയായിരിക്കണം അങ്ങനെ അവര് ഉദാഹരണം പറയുകയുള്ളൂ പൂച്ച അതിന്റെ കുഞ്ഞിനെ അടുത്തോണ്ട് പോകരുത് പൂച്ച കുഞ്ഞിന്റെ അടുത്തോണ്ട് പോകുന്നത് കണ്ടാൽ ശ്രദ്ധിച്ചറിയാതെ അവർക്ക് അതിന്റെ കഴുകി പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ചത്തതുപോലെ കിടക്കും പ്പോ അതാണ് അവയുന്ന പ്രപത്തി ശരണാഗതി പൂച്ച അടുത്ത് സുരക്ഷിതമായി ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് വയ്ക്കും വൈകുണ്ടത്തിലെത്തിക്കും അത് ഭഗവാനത് ചെയ്തോളം എന്ത് ചെയ്താൽ സമർപ്പിക്കണം ശരണാഗതി അത് മതി കൂട്ടർ പറയുന്നത് എന്താണോ അതങ്ങനെ പോരാ പോരങ്ങനെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടു അത് അള്ളിപ്പിടിക്കും അതുപോലെ ഭഗവാനെന്ത് ചെയ്യണം മുറുക പിടിക്കണം ഇതൊക്കെ നിങ്ങൾ മതപ്രഭാഷങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇവിടെ നിന്ന് വന്നതെന്നുണ്ടറി ഇവിടുന്നാ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമാണ് കൊരങ്ങന്റെ കുട്ടി അതെ കയറി പിടിക്കുന്നതുപോലെ അള്ളിപ്പിടിച്ചു പിടിക്കണം പിടിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യുന്നു താഴെ വീഴലെത്തി നേരെ വൈകുണ്ടത്തെ എത്തിക്കും അപ്പോ വ്യത്യാസം വന്നില്ലേ അവരുടെ സമ്പ്രദായം പക്ഷെ രണ്ടു കൂട്ടിലും ഈ ശരണാഗതി എന്ന് പറയുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഭക്തി എന്ന് പറയുന്നത് ഇന്ന് ചർച്ച ചെയ്യുന്നതേയില്ല ഇഷ്ടാദ്വീര്യവിന്റെ ഇടയ്ക്ക് അവര് ഈ ഒരു കാര്യമേ നമ്മള് മഹപ്രഭാഷകളിലൊക്കെ ഇത് കേൾക്കും ഭാരം മുമ്പില്ല നമ്മൾ പറയുമെങ്കിലും ഇതിന്റെ ഓടം അവിടെ നടക്കണം ഈ ശരണാഗതിയുടെ പ്പോ അതെന്താണ് പ്രധാനമായ കാരണം ഈ ആയിരത്തിഒരുന്നൂറുകളെന്നൊക്കെ പറയുമ്പം ശങ്കരാകർക്ക് ശേഷമോ ഇവിടെ ജാതകുണ്യൊക്കെ വളരെ ശക്തമായിരിക്കുകയാണ് അപ്പോൾ ബ്രഹ്മസൂത്രത്തിന് ഭാഷ എഴുതുമ്പോൾ അവശൂദ്രാധികരണം വന്നപ്പോ രാമാനുജാ ഒട്ടും പെട്ടുകൊടുത്തില്ല ശങ്കരാകാരെക്കാളും ഒരു ഡിഗ്രി കൂട്ടി എന്താ പറഞ്ഞത് ശൂദ്രനും സ്ത്രീകൾക്കും വേദത്തിന് അധികാരമില്ല അക്കാര്യത്തിന് ഉറച്ചു തന്നെ പാടില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൂട്ടർക്കും ഭക്തിക്കും അവകാശം വേഗം തതിശയം തോന്നും സ്ത്രീക്കും ശൂദ്രനും ഭക്തിക്കവകാശം അല്ലെന്നാണ് ബ്രഹ്മാനുജാചാര്യന്റെ അഭിപ്രായം എന്തുകൊണ്ടാണെന്നറിയാമോ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല അതായത് രാമാനുജാചാര്യ ഭക്തി എന്ന് പറയുന്നത് വേദങ്ങളിൽ പറയുന്ന ഉപാസം അതായത് നമ്മൾ ബ്രഹ്മസൂത്രത്തിന്റെ അവസാന ഭാഗം ചർച്ച ചെയ്തത് ഇത് തന്നെയാണ് രാമാനുജാചാര്യരുടെ പ്രധാനമായ ആശയം ഞാൻ പറയട്ടെ ഈ ബ്രഹ്മസൂത്രത്തിന്റെ അവസാനം ഒരിക്കലും അദ്വൈതവുമായി ചേരില്ല പറഞ്ഞു പോകേണ്ട ഇത് രാമാനുചാചാര്യ അഭിപ്രായമാണ് അവിടെ പറയുന്നത് ഉപാസിനെ കുറിച്ച് അങ്ങനെ ബ്രഹ്മലോകത്തിൽ രണ്യഗർഭലോകത്തിലെത്തിച്ചേരുന്നുമാണ് അത് രാമാനുചാരി അതിനെ വൈകുണ്ഠമായി വ്യത്യാസം അവിടെ ചെന്ന് കുറെ കാലം കഴിയുക പിന്നെ ഭാഷകാലം പറയുന്ന അനുസരിച്ച് അവിടെ ഇരട്ടികർത്തനം ഉപദേശം ഇതൊക്കെ രാമാനുജാചാര്യങ്ങുന്നു പക്ഷെ അതിന്റെ വ്യാഖ്യാനം ഇങ്ങനെ രാമാനുചാചാര്യെന്ന് പറയുന്നത് അവിടെ ചെന്നിട്ട് ഏ അതവസാനും Oficina, aliens, que 56, que ും പിന്നെ സാഹിത്യം സാഹിത്യം വരെ എത്തിച്ചേരുക കൈകര്യം നിത്യ കൈങ്കര്യം ഇതാണ് രാമാനുജനോട് പറയുന്നത് അല്ലാതെ അവിടെ നിന്ന് അവസാന ഉപദേശം കേട്ടിട്ട് അങ്ങനെ ഒരു മുക്തിയില്ല നിഷ്ട്രാ ഇവിടെ അത് ഞാൻ പ്രപത്തിയെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ കൂടുതൽ വിശദീകരിക്കാം ഇവിടെ ഒരാളെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ശ്രീ വൈഷ്ണവൻ ശ്രീവൈഷ്ണവൻ പറയുന്നത് ഇതേ കാര്യങ്ങളിൽ തന്നെ അവിടെ ചെന്ന് ചെയ്തുകൊണ്ടിരിക്കുക അതാണ് നിത്യ കൈങ്കര്യം എന്ന് പറയുന്നത് ഇവിടെ കാലക്ഷേപമാണെങ്കിൽ കാലക്ഷേപം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇതാണ് ആ അതെ അത് തമിഴർക്ക് മനസ്സിലാവും മലയാളിക്ക് മനസ്സിലാവില്ല ഇപ്പോ ഞാനീ ചെയ്തു പണിയുന്ന കാലക്ഷൻ കാലം കടത്തിവിടാൻ വേണ്ടി ചെയ്തു അപ്പോ ഇത് ഇവിടെ ചെയ്യുകയാണെങ്കിൽ വൈകുണ്ഠത്തിലും ചെന്ന് എന്ത് ചെയ്യണം അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെയാണെങ്കിൽ ഇന്ന് തടസ്സം വരും നിങ്ങൾക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ അടക്കത്തില്ല എനിക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ അടക്കത്തില്ല പിന്നെ മറ്റെന്തെങ്കിലും ശല്യങ്ങളോ ശത്രുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അടക്കത്തില്ല പല പ്രശ്നങ്ങളുണ്ടാവാം പക്ഷെ അവിടെ ചെന്ന് ഞാൻ കാണും വൈകുണ്ഠത്തിൽ ശ്രീമന്ത് നാരായണന്റെ സമീപത്തിലാണ് ഈ കൈകര്യത്തിനും ഒരു ഇതങ്ങ് ചെയ്തുകൊണ്ടിരുന്നവരുപത്തിയൊന്ന് മണിക്കൂർ അല്ല ഇനി ഇവിടെ ഒരാൾ നിവേദ്യം ഉണ്ടാക്കുകയാണ് ഇവിടെ ഒരാളുടെ ശ്രീ വൈഷ്ണവിന്റെ പണി അതാണെങ്കിൽ അയാൾ അവിടെ ചെന്ന് എന്ത് ചെയ്താൽ മതി അത് ഉണ്ടായിക്കൊണ്ടിരുന്നവർ അല്ല ഇനി ഇവിടെ ശ്രീ വൈഷ്ണുലൂടെ എന്താണ് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ചെന്നിട്ടും അത് ചെയ്യുന്നതാണ് അല്ല ഇവിടെയെങ്കിലും ഒരാൾ പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് വിഷ്ണു പുരാളം നാരായണോപനിഷത്ത് മഹാനാരായണോപനിഷത്ത് ഇതൊക്കെ പാരായണമൊക്കെ ചെയ്തു പിന്നെ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ അങ്ങനെ കഴിയാണെങ്കിൽ അവിടെ ചെന്നവതി ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് നിത്യകൈങ്കരി ആനന്ദത്തിൽ കഴിയാം ശ്രീമന്ത്നാരായണന്റെ ലോകത്ത് സമീപത്തിൽ ഇങ്ങനെ കഴിയാം പിന്നെ അവിടെ കണ്ട് തിരിച്ചറിയാൻ പറ്റില്ല എന്തുകൊണ്ട് ഇവിടുന്ന് ചെല്ലുന്നവർക്കെല്ലാം പിന്നെ ശ്രീമന് നാരായണന്റെ അതേ രൂപമായി ചതുർഭുജന്മാരായി ീ പറയുന്ന കുറി അത് വി ആണോ യു ആണോ എന്നുള്ള കാര്യം പറയും എന്തായാലും അത് കാണും എല്ലാ അടയാളങ്ങളും കാണും ഈ ഭുജങ്ങളിൽ ഇന്നിപ്പോൾ ആരും ഇതല്ല ഇന്നുമ്പോൾ ചെയ്തിരുന്നതാണ് ഭുജത്തിൽ അച്ചു പഴിപ്പിച്ച് ശംഖു മറ്റൊന്ന് ചക്രം ഇതൊക്കെ പതിപ്പിക്കും ഇതെല്ലാം അവിടെ കഴിഞ്ഞാൽ സ്വയം തന്നെ ഉണ്ടാകും ഇതാണ് ബദ്ധന്മാർ മുക്തരായ ഇങ്ങനെയാണ് പിന്നെ അവിടെ നിത്യമുക്തന്മാരുണ്ട് വിശ്വസേനൻ വാസുദേവൻ അങ്ങനെ കുറേ പേരുണ്ട് വ്യൂഹങ്ങൾ അവര് നിത്യമുക്തന്മാരായ അവിടെ പിന്നെ ഇവിടുന്ന് ചെല്ലുന്ന മുക്തന്മാർ ശ്രീമന് നാരായണൻ ആണ് വൈകുണ്ഠത്തിന്റെ അധികം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നതാണ് വിശേഷങ്ങൾ ഇനി പറയും പറഞ്ഞാൽ തീരാത്തത്രയും വിശേഷം അപ്പോ സിദ്ധാന്തപരമായും ആചാരപരമായും എല്ലാം വിശിഷ്ടാധിതന്നുണ്ട് പക്ഷെ ഇവിടെ ആചാരമാരെഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളിലും വ്യാഖ്യാനങ്ങളിലും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും ഓരോന്നിനും വ്യാഖ്യാനിക്കുന്നു രാമായ ആചാരി വ്യാഖ്യാനിക്കുന്നതിനും എല്ലാം വ്യത്യാസങ്ങളും ചെറിയ ചെറിയ വ്യത്യാസം അത്രയും സൂക്ഷ്മമായ വ്യത്യാസം അങ്ങനെ മനസ്സിലാക്കാത്ത കഴി ഞാൻ പഠിച്ചിട്ടില്ല കാരണം അതിനൊരാഴ്സ് പോലെ പക്ഷെ വ്യത്യാസമുണ്ട് എന്ന് പൊതുവേ പറയാനില്ല കാരണം ഈ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളേ നമ്മളെ ഒരാഴ്ച കൊണ്ട് നമുക്കിതൊക്കെ പഠിക്കാൻ പറ്റില്ല പറ്റുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ അങ്ങനെ വ്യത്യാസം പൊതുവായി വരുന്ന വ്യത്യാസങ്ങളാണ് ഞാൻ പ്പോൾ അങ്ങനെ വ്യത്യാസമുണ്ട് പിന്നെ അതിൽ തന്നെ പോലെ വ്യത്യാസം ഈ തമിഴ്നാട്ടിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കണ്ടോ ഓരോ ഈ തെങ്കലെന്ന് പറയുന്നതിനും വടകലയിലും നിരവധി വ്യത്യാസങ്ങളുണ്ട് അത് സ്വാഭാവികമാണോ ഇപ്പോൾ അത്വേഗം മിഥ്യാധാരണയുണ്ട് ആത്മീയതാ എന്നതിന് മനുഷ്യരൊക്കെ യോജിപ്പിക്കുന്നതാണ് അത് ഇതുവരെ ഒരു ആത്മീയതയിൽ നിന്നും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചേ ഇല്ല എന്തുകൊണ്ടാണ് അത് ആത്മീയതാ എന്നതിനെപ്പോഴും വ്യക്തിഷ്ടമാണ് വ്യക്തികൾക്ക് ഗുണം ചെയ്യും കാരണം അവരിക്കുന്ന ഒരു സമൂഹത്തിൽ അത് ഫലപ്രദമാകട്ടെ എന്ന് വെച്ചാൽ അതിൻ്റെ ആന്തരികമായ വൈരുദ്ധ്യങ്ങൾ അത് പരിഹരിക്കില്ല ഏത് ലോകത്തിലേ നമ്മൾ നോക്കിയാലേശു നമ്മുടെ ഇതിനകത്ത് നോക്കിയാലേശു ക്രിസ്മസ് എടുക്കുക എന്റെ കാത്രി പ്രൊട്ടസ്റ്റന്റ് നിന്നെ വന്നുകൊണ്ട് എന്തൊക്കെ എന്തെല്ലാം വിഭാഗങ്ങളാണ് ഇവരൊരിക്കലും യോജിക്കത്തില്ല ഇസ്ലാം നോക്കുക അവിടെ ഷിയ സുന്നി സൂഫി അതിനകത്ത് എത്രയോ അവരേയും യോജിക്കത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ അദ്വൈരം ദ്വൈരം ജീവിതത്തിൽ പിന്നെ എത്ര ഭേദം ഇവിടെ ദോഡീയും വേറെയാണ് അവർ കൃഷ്ണനെയും രാധയെയും ആരാധിക്കത്തുള്ളൂ ഇവിടെയാണോ വിഷ്ണുവിനേയും ലക്ഷ്മിയെ ആരാധിക്കട്ടുള്ളൂ ആ രൂപത്തിലേ എന്നിട്ട് അതിൻ്റെ അകത്ത് എന്താണ് ഭേദം അതിൻ്റെ അകത്ത് ഭേദം അതിൻ്റെ അകത്ത് ഭേദം യോജിപ്പോ ആ വിയോജിപ്പെന്ന് പറയുന്നത് വരുന്നത് ഗ്രൂപ്പുകളിലാണ് നിങ്ങളൊരു ഗ്രൂപ്പിൽ പെട്ട് കഴിഞ്ഞോ ശീതസമരം വരെ മറ്റൊരു ഗ്രൂപ്പുമായിട്ടിരിക്കാൻ യോജിപ്പ് പിന്നെ എങ്ങനെയാണ് ആധ്യാത്മിക ലോകം ഇങ്ങോട്ട് യോജിപ്പ് യോജിപ്പിക്കുന്നത് എങ്ങനെയാണോ എനിക്കിതുവരെ മനസ്സിലായി മനസ്സിലാക്കി പറഞ്ഞുതരി അത് വ്യക്തിപരമായി എന്താണ് ഒരാൾക്ക് അതുകൊണ്ട് ഗുണം ചെയ്യും അതിനപ്പുറം അതിന്റെ സോഷ്യൽ സയൻസ് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ അത് പൊതുവെ മനുഷ്യന്റെ ഒരു സ്വഭാവമായിരിക്കും അത് പൊതുവെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ വ്യക്തി നിൽക്കുമ്പോൾ ആത്മീയതാന്ന് പറയുന്നത് അതവന്റെ ഒരു ആന്തരികമായ ഭാവമായിട്ട് നീക്കും ഗ്രൂപ്പിൽ വരുമ്പോ അതിനോടൊപ്പം പൊളിറ്റിക്സോട് പലതരത്തിലുള്ള പൊളിറ്റിക്സ് അപ്പം അത് വരുമ്പോൾ ഗ്രൂപ്പുകളിൽ അത് അശാന്തിയെ വലിച്ചുകൊണ്ടിരിക്കും ശാന്തിയല്ല അതുതന്നെയാണ് ഈ തെങ്കിലും മടങ്ങി അത് അവരുടെ മാത്രമൊരു പ്രശ്നമല്ല അദ്വൈതത്തിലും അദ്വൈതത്തിലും വളരെ കാര്യമായ ആശയ സംഘർഷങ്ങൾ നടക്കുന്നു യോജിക്കാൻ ആശയ സംഘർഷത്തിലൂടെ പ്രസ്ഥാനത്തെ സ്വീകരിക്കുന്നു വിവരണ പ്രസ്ഥാനത്തെ സ്വീകരിക്കുന്നു വാർത്തകൾ പ്രസ്ഥാനത്തെ സ്വീകരിക്കുന്നുവൈത പരമ്പര സ്വീകരിക്കുന്നു എത്രയോഗ്യത ഇവര് പരസ്പരം കണ്ടുകൊണ്ടി കഴിഞ്ഞാൽ എന്താണോ പരസ്പരം വാദിക്കാൻ ആശ്രമിക്കുന്നത് ഏതാണ് ശരി എന്താണോ എന്റാണോ ആത്മീയതക്കങ്ങനെ സമൂഹത്തിൽ വൈശ്ചാ പിന്നെ അത് അങ്ങനെ വളർന്നു വളർന്നു വളർന്നത് മഹായുദ്ധങ്ങളിലേക്ക് പോയി അതാണ് നമ്മുടെ ചരിത്രം പുരുഷ യുദ്ധങ്ങളും പിന്നെ ഈ തമിഴ്നാട്ടിലെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പുരാണങ്ങൾ വായിച്ചു ഈ ശൈവന്മാര് ബൗദ്ധന്മാര് ഇവരെ എത്ര പേരൊക്കെ ഒന്ന് കണക്ക് അപ്പുറം അതിശയക്തിയായിരിക്കും എന്നാലും കണക്ക് വളരെ കൊടുക്കലാണ് തിരുജ്ഞാന സംബന്ധിന്റെ ചെങ്കോലാണല്ലോ ഇത്തവണ അങ്ങോട്ട് കൊണ്ടുപോയത് ഇവിടെ വടക്കേ തിരുജ്ഞാന സംബന്ധിന്റെ കൊന്ന ഞാൻ പറയുന്നത് പെരിയ പുരാണത്തിൽ വെച്ചിരിക്കുന്നത് വേറെ കൊന്നു ആറായിരം പേർ കൊന്ന കണക്കുണ്ട് അതെങ്ങനെ വന്നത് ജീവനോട് പിടിച്ച് ശൂലത്തി സുന്ദരപാണ്ഡ്യന്റെ നേതൃത്വം കുബ്ജപാണ്ടെ സുന്ദരപാണ്ഡ്യനാക്കി എന്റെ പ്രതിഫലമായി കൊടുത്തതെന്ന് ഞാൻ കഥ ഇതൊക്കെ ശങ്കര ദിഗ്വിജയത്തിൽ നിന്ന് വരുന്നു നിങ്ങള് എങ്ങനെയാണ് ആത്മീയത ലോകത്തെ സമാധാനം ഉണ്ടാക്കുന്ന എന്തടിസ്ഥാനം രാഷ്ട്രീയമായ പ്രശ്നമെങ്കിൽ രാഷ്ട്രീയ പരിഹാരങ്ങളോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ആത്മീയത ഉണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഒന്നായിരിക്കും അല്ലാതെ ഞാൻ ഈ പറഞ്ഞ ഈ സംഘർഷത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അപ്പോ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുടെ ഇടയ്ക്കുണ്ട് അപ്പോ പതിനൊന്ന് ആയിരത്തി ഒരുന്നൂറുകളിലാണ് രാമാനുരാചര് ജീവിച്ചിരുന്നത് ആയിരത്തി ഇരുന്നൂറിലാണ് ഇദ്ദേഹം ആര് വേദാന്ത ദേശീയർ ജീവിച്ചിരുന്നത് ആയിരത്തി മുന്നൂറിലാണ് ആര് ജീവിച്ചിരുന്നത് വിദ്യാരണീസ്വാമി വിദ്യാരണീസ്വാമി സർവദർശന സംഗ്രഹത്തിൽ ദർശനത്തെക്കുറിച്ച് ചുരുക്കി പറയുന്നുണ്ട് എൻ്റെ സാരം പറയുന്നു അവിടെ അദ്ദേഹം പ്രധാനമായിട്ടും ഉദ്ധരിക്കുന്നത് തത്വമുക്താവിന് എന്ന് പറയുന്നത് ഈ വേദാന്ത ദേശികളുടെ ഒരു ഗ്രന്ഥത്തെയാണ് എന്നു വെച്ചാൽ അതിന് മുമ്പാണ് വേദാന്ത ദേശികൾ ജീവിച്ചിരുന്നത് വിദ്യാലയസ്വാമിക്ക് മുമ്പാണ് ഇതേ ഇദ്ദേഹം തന്നെ ഇവിടെ ഇതിന്റെ ടീനും പറയുന്നുണ്ട് ഞാൻ ശതദൂഷണിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് പലയിടത്തും അദ്ദേഹം ആവർത്തിക്കുന്നു അതായത് ശ്രീഹർഷന്റെ ഖണ്ഡനഖണ്ഡഘാദ്യത്തിന് ശതദൂഷണി എന്ന് പറഞ്ഞൊരു ഖണ്ഡന എഴുതിയ ആളാണ് ഇദ്ദേഹം വേദാന്ത ദേശികൾ അത്രയും ഒരാളാണ് പണ്ഡിതനാണ് കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തത ഇദേവെഴുതിയാണെന്ന് പറയുന്നത് അങ്ങനെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ തർക്കിക്കാൻ വരും അതാ ഇത്രയും സംസ്കൃത രചന ഒരു ഇതാണ് ഒരു സ്തോത്രം എഴുതുക എന്നുള്ളത് എന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ എത്ര മനോഹരമായിട്ടത് എഴുതി അതിൻ്റെ കാവ്യ ഭംഗി നമ്മളില്ല നമ്മളെ ആകർഷിക്കുന്നത് അതാരാണ് പാടിയത് ഏഹ് ആ അവരുടെ മനോഹരമായ ശബ്ദം മുഴങ്ങുന്ന ശബ്ദമാണ് പക്ഷേ അതിന്റെ ആശയം അതിലും മുഴങ്ങുന്നതാണ് അതിലും മുഴക്കമുണ്ടാവും അതിൻ്റെ കാവ്യരസം അപ്പം അത് അദ്ദേഹം ഇദ്ദേഹം അതുപോലെ ഒരുപാട് സ്തുതികൾ എഴുതിയിട്ടുണ്ട് വളരെ മനോഹരങ്ങളായിരുന്നു ഗദ്യകളിൽ എഴുതി വളരെ കൂടാതെ ഇതുപോലെയുള്ള ഖണ്ഡനപരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപക്ഷെ ശ്രീകൃഷ്ണന് ഇദ്ദേഹവും സമകാലികന്മാരായിരിക്കാൻ ശ്രീകൃഷ്ണന് ശ്രീകൃഷ്ണന് തൊട്ട് ശേഷം വന്നയാളായി കാരണം ജയസ്വാമി ശ്രീകൃഷ്ണന്റെ ശ്രീകൃഷ്ണന്റെ പേരെടുത്ത് പറയുന്നുണ്ട് കൃഷ്ണ മിശ്രാദയ എന്ന് പറയുന്നത് വാചസ്മതി ശ്രീകൃഷ്ണനെയൊക്കെ പരാമർശിച്ചു അപ്പൊ ഇവരൊക്കെ അടുത്തടുത്ത കാലങ്ങളിൽ ജീവിച്ചിരുന്ന എന്താണ് മഹാപ്രതിഭാചാര്യെന്നാണ് അതനുസരിച്ച് എല്ലാവരും ഒരുപോലെ സ്വാഭാവികമായിട്ടും അവരുടെ അന്നത്തെ ഒരു രീതി അനുസരിച്ചാണ് അവരുടെ അതിന്റെ ഉറച്ചിന് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന് ഈ ശ്രീഭാഷ്യത്തെ കുറിച്ചാണ് ആ ശ്രീഭാഷ്യത്തിൽ രാമാനുജാത്തിന്റെ തന്റെ പ്രാഗൽഭ്യം മുഴുവൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതുകൂടാതെ വേദാന്ത സാരമെന്നും വേദാന്ത ദീപമൊന്നും കുറിച്ച് രണ്ട് ബ്രഹ്മസൂത്ര വ്യാഖ്യാനവും ഇല്ല എഴുതികളും എന്ന് പറയുന്നു പക്ഷേ അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ ഈ അപശൂത്രാധികരണത്തിൽ ഇദ്ദേഹം കർശനമായിട്ടും പറഞ്ഞു എന്താണ് ഈ ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നവർ അതാണ് മുക്തി വൈകുണ്ട ലോകത്തെത്തിച്ചേരുന്നതാണ് മുക്തി ആ മുക്തിക്കുള്ള ഉപായമായി പറഞ്ഞത് ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് അത് പതഞ്ജലിയുടെ യോഗം ആ യോഗവും വൈദിക ഉപാസനകളും കൂടെ ചേർന്നിട്ടാണ് ഭക്തി അപ്പോ ആ യോഗത്തെ അല്ലെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് അഷ്ടാംഗ യോഗത്തിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വൈദികമായി ഉപാസനം ഒരുപാട് ഉപാസനകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തല്ലോ പരിങ്കവിദ്യ ഇങ്ങനെയൊക്കെയുള്ള കെരണ്ഗർഭ ഉപാസന ഇതൊക്കെ അപ്പൊ ലക്ഷ്യം ശ്രീമന്ത് നാരായണനായിരിക്കും ഇത് അനുഷ്ഠിക്കുന്നതാണ് ഭക്തി ഈ ഭക്തി എന്ന് പറയുന്നത് വേദത്തിന് അധികാരമുള്ളവർക്ക് കൊടുക്കും കാരണം ടമാനുജാതിന്റെ കാലത്ത് അതിനൊക്കെ അവർ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ള കാര്യമാണ് അസാധ്യമായ കാര്യമാണ് കാരണം ചാതുർ ഭർണ്ണ വ്യവസ്ഥ അത്ര ദൃഢമായിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇദ്ദേഹം വൈദികരുടെ ഇടയിൽ വൈദിക ബ്രാഹ്മണരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ ചെന്നിട്ട് അതിനെന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഫെയർബദൽക്കരണം ആ എന്ന് വെച്ചാൽ മാറ്റം വരുത്തുക എന്നു അപ്പോൾ അദ്ദേഹം എന്തേലും ആട്ടർണേറ്റിൽ അദ്ദേഹം അതാണ് പ്രപത്തി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പറയുന്നു ഞാനീ പറയുന്ന എന്റെ സ്വന്തമല്ല പഞ്ചരാത്ര ഒമ്പതിരങ്ങോട്ടുള്ള ആചാര്യന്മാർ ഇതൊക്കെ സംഗ്രഹിച്ച ഒരാളുടെ പേര് ഞാൻ പറഞ്ഞു മറന്നുപോയോ ഏത് ഒമ്പതാം നൂറ്റാണ്ടിലേക്ക് എന്റെ യമനാചാര്യർ തുടങ്ങി അവർ അതൊക്കെ പറഞ്ഞു വെച്ചതെന്നാണ് ഞാൻ പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് പേരാണ് അദ്ദേഹം പ്രപത്തി എന്ന് പറയുന്നത് അപ്പം ശ്രീവൈഷ്ണവന്മാര് പ്രവൃത്തിക്കുള്ളവർ അവിടെയാണ് രാമാനുചാചാര്യര് ശങ്കരാചാര്യക്കാളും മഹത്വമുള്ള ആളാണെന്ന് പറയുന്നു ശങ്കരായ പറഞ്ഞത് പുരാണങ്ങളും മറ്റും വിദ്യുരണ്യം മറ്റുതാഹരണം പറഞ്ഞു പുരാണങ്ങളും മറ്റും ഇന്നും ജ്ഞാനവും ഉണ്ടാകാം പക്ഷേ അവർക്ക് പൂർവ്വജന്മത്തിൽ അവര് വരായിരുന്നു ഈ ജന്മത്തിൽ വിദരനെ പോലെ സൂദ്ര യോഗം ജനിച്ചാലും പുരാണങ്ങളുടെയും മറ്റും അവർക്ക് ജ്ഞാനമുണ്ടാകാം മോക്ഷം നേടാം പക്ഷെ എന്നാലും വേദാധീനം പാടില്ല സ്ത്രീക്ക് സൂത്രൻ അതിനോട് രാമാനുചാര്യ ജീവിക്കുന്നു സ്ത്രീക്ക് സൂത്രനും വേദാധികാരം പാടില്ല അതുകൊണ്ട് തന്നെ ഭക്തി എന്ന് പറയുന്ന ഉപാസന അഷ്ടാംഗയോഗ സഹകൃതമായ വൈദിക ഉപാസന സ്ത്രീകൾക്കും ശ്രുദ്ധന്മാർക്കും പാടില്ല ഇതാണ് ശരിക്കുള്ള ഭക്തി ഇനിയെങ്കിലും ഭക്തന്മാർ മനസ്സിലാക്കണം ഏഹ് ഭക്തി എന്ന് പറഞ്ഞു പറഞ്ഞാൽ പോലെ പക്ഷേ രാമാനുജാചാര് മഹത്വം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ബദൽ വച്ച് ഇങ്ങനെ അധികാരമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തു എന്നാൽ പ്രപൃത്തി ഞാൻ പിന്നീട് വിശദീകരണം വാക്കേ പറയുന്നു അപ്പോ അങ്ങനെ ഒരു സാധനം മുമ്പോട്ട് വെച്ചു അതില് അദ്ദേഹം പറഞ്ഞു ജാതി വർഗം വർണ്ണം ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല ഈ പ്രപത്തിയെ സ്വീകരിക്കുന്ന ഒരുവൻ എന്താണ് വൈഷ്ണവനാണ് അവന് വിഷ്ണു മതത്തെ പ്രാപിക്കാം അങ്ങനെ ഒരു ബദൽ നിർദ്ദേശം വെച്ചോന്നുള്ളതാണ് അതുകൊണ്ടാണ് എല്ലാവരും എന്താണ് അന്നത്തെ ആ ഒരു സാമൂഹിക ക്രമത്തിൽ നിന്നുള്ള എന്താണ് ഒരു ബദൽ നിർദ്ദേശം അപ്പോ അതൊരു തീർച്ചയായിട്ടും അത് വളരെ എന്താണ് ഒരു വളരെ പുരോഗമനോലമെന്ന് ഇന്നത്തെ ഭാഷയിൽ പറയുക ഒരു മാറ്റമാണ് രാമായ വിപ്ലവം എന്ന് പറഞ്ഞാൽ കുറച്ച് കടക്കും വിപ്ലവത്തിൽ രക്ത ചൊരിച്ചിലുള്ളൂ രക്തം ഒഴുകാതെ എന്തൊന്നും വിപ്ലവം ഇതൊന്നുമില്ല വളരെ സമാധാനപരമായിട്ട് ഭക്തി ഇതും ഭക്തിയല്ല പ്രവൃത്തി അത് ഇത്രയേ അതിൽ ഉപദേശിക്കുന്ന എന്താണ് ചർമ്മശ്ലോകം ചെറുവിശ്ലോകം എന്ന് വെച്ചാൽ മരിക്കുമ്പോൾ ചെറുതൊന്നും ശ്ലോകമല്ല വൈഷ്ണവന്മാരുടെ ചർവശ്ലോകം എന്ന് പറയുന്നത് ഏതാണോ ഏ കേട്ടില്ല ഇവിടെ ആരും ഇല്ല വൈഷ്ണവരാരും ഇല്ല ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല പക്ഷെ എല്ലാം സർവധർമാൻ പരിചയ മാമേകം ശരണം അഹും സർവഭാമീ ഇത് വൈഷ്ണവ സമ്പ്രദായത്തിൽ പറയുന്ന ചരമശ്ലോകം ഈ ഒരൊറ്റ ശ്ലോകം എന്റെ ബാക്കിയോടെ ഉണ്ടെങ്കിൽ പിന്നീട് പറയാം അത് പ്രപത്തിയുടെ ഭാഗമായിട്ട് വരും പറയാം വൈഷ്ണവ സമ്പ്രദായക്കെതിരെയാണ് പറയുന്നത് അങ്ങനെ മാർഗം സർവർക്കും വേണ്ടിയിട്ട് അവിടെ സ്ത്രീ അങ്ങനെയുള്ള കാരണം അതിനൊരു പ്രധാനമായ കാരണം ഈ ആൾവാളന്മാര് എന്ന് പറയുന്നവര് രാമായു ജാചാര്യർ ഉൾപ്പെടെ സ്വീകരിച്ച അവിടെ എടുക്കുന്ന തമിഴിലാണ് ഈ ആൾവാൻമാരുടെ ഇടയിൽ എല്ലാ ജാതിക്കാരും ഉണ്ടായിരുന്നു ബ്രാഹ്മണരുണ്ടായിരുന്നു പിള്ളാളരുണ്ടായിരുന്നു അന്ന് വളരെ താഴെ ജാതി എന്ന് കണക്കാക്കിയിരുന്ന പാണർ പാണരെന്ന് പറയുന്ന ഒരു ഭാഗം അവരുണ്ടായിരുന്നു അങ്ങനെ വിഭിന്ന ജാതികളുണ്ടായിരുന്നു അതുകൊണ്ട് അവരെല്ലാം ഭക്തിയിൽ ആണ്ടുപോയവരായി സ്ത്രീകളുണ്ടായിരുന്നു പ്രധാനമായിട്ട് പന്ത്രണ്ട് പേരെ പറയുന്നത് ഒരുപാട് പേരുടെ പേര് പറയും അപ്പോ ആ അതുകൊണ്ട് ശ്രീവൈഷ്ണവന്മാരുടെ ഇടയിൽ പ്രപത്തി മാർഗത്തിൽ പറയുന്നു ശ്രീ വൈഷ്ണവന്മാരുടെ ഇടയ്ക്ക് പ്രപത്തി മാർഗത്തെ സ്വീകരിച്ചവരുടെ ഇടയിൽ ജാതിഭേദമില്ല അങ്ങനെ അതുമാത്രമല്ല ഒന്നുകൂടി പറയുന്നുണ്ട് ഇപ്പോൾ അതായിരിക്കും ഒരു പക്ഷെ ഈ ദ്രാവിഡ സമ്പ്രദായവും പിന്നെ വൈദിക സമ്പ്രദായവുമായിട്ട് തിരിയാനുള്ള കാരണം വടക്കേ ഇന്ത്യൻ സംസ്കൃത സമ്പ്രദായം സംസ്കൃത സമ്പ്രദായത്തിൽ ഒരു നിർബന്ധമുള്ളത് ആചാര്യസ്ഥാനം ബ്രാഹ്മണനെ കാണുന്നു പക്ഷേ പ്രപത്തി സമ്പ്രദായത്തിനങ്ങനെയല്ല പറയുന്നത് ഒരു സ്ത്രീവൈഷ്ണവന് പ്രപത്തി മാർഗത്ത് ആചാര്യസ്ഥാനവും ജാതിഭേദവും നോക്കാതെ ആകാം കാരണം ഈ ആൾവാർമാരിൽ ഭക്തർ സ്ത്രീകളുമുണ്ട് എന്നുവെച്ചാൽ ഈ പറയുന്ന പ്രപത്തിക്കുള്ള ഉപദേശം കൊടുക്കുന്നു അതിൻ്റെ ഉപദേശമുണ്ട് അത് കൊടുക്കുന്നതിന് ജാതി നോക്കേണ്ട കാര്യം ആചാര്യ സ്ഥാനം അവർക്കാകാം ഇതൊരു വലിയ മാറ്റമാണ് ഇതിന് സമാനമായ ഒരു പ്രവർത്തനമാണ് കേരളത്തിൽ നടന്നത് നാരായണ ഗുരു ചെയ്തതാണ് കാരണം കേരളത്തിൽ ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളിൽ അന്ന് താഴ്ന്ന ജാതി എന്ന് കരുതിയിരുന്ന ഈഴവർ ഉൾപ്പെടെയുള്ളവർക്ക് പ്രവേശനം കയറാൻ പറ്റത്തില്ല ചെറിയ അടിയിൽ പൊതുവഴികളിൽ കൂടി നടക്കാൻ പോലും അവകാശം പൊതുവഴി വരെ നിരോധിച്ചിരുന്നു ഇപ്പം ഇതിനെന്താ ഒരു പരിഹാരം അതിന് വിപ്ലവം എന്ന് പറയാൻ പറ്റില്ല വിപ്ലവം നടത്തിയിരുന്നെങ്കിൽ കുറേയുള്ള തല പോയത് ബ്ലഡും പോയാലും ഒരു എന്താ ചെയ്യും പറഞ്ഞൊരു കാര്യം ചെയ്യാനാണെങ്കിൽ ശരിയാകാം നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാം ഞാൻ ക്ഷേത്രം പ്രദർശിക്കും അപ്പം പിന്നെ ആ മറ്റു ക്ഷേത്രങ്ങളിൽ പോയി തള്ളിക്കയറേണ്ട കാര്യമില്ല ആർക്കാണോ ക്ഷേത്രപ്രവേശനത്തിന് അവകാശം അവർക്ക് വേണ്ടി ക്ഷേത്രം പ്രദർശിക്കും ഇത് രാമാനുജൻ ആചാര്യത്തിന്റെ അതേ രീതിയാണ് ഇപ്പൊ തള്ളിക്കയറേണ്ട കാര്യമില്ല വഴക്കിന്റെ കാര്യമില്ല മത്സരത്തിന്റെ കാര്യമില്ല സമരം നടത്തേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളുണ്ടാക്കിയ വളരെ അല്ലെങ്കിൽ ജനസംഖ്യയിൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സമൂഹം അക്രമമാർഗത്തിലേക്ക് തിരിഞ്ഞിരുന്നെങ്കിൽ രണ്ട് രീതികളോ ഉണ്ടായിരുന്നു രണ്ട് പ്രധാന അഭിപ്രായങ്ങളോ ഒന്ന് അടിച്ചു നേരുക ഈ ക്ഷേത്രങ്ങളിൽ ഒരാശയം വന്നു വേറെ ആശയം വന്നത് ഹിന്ദുമതം കിട്ടിട്ട് നേരെ ഇസ്ലാം മതം അല്ലെങ്കിൽ ക്രിസ്തുമത രണ്ടു പരിപാടിക്കും ഒരു ബദലായിരുന്നു ദൂരം നിർദ്ദേശിച്ചത് അതൊന്നും വേണ്ട വേറെ ക്ഷേത്രം ഉണ്ടാകാം ആ ക്ഷേത്രത്തിൽ പോകുക അങ്ങനെയാണ് അനുമുരം പ്രതിഷ്ഠ ഉണ്ടാകുക അതിന് വളരെ ചരിത്രപരമായ സാമൂഹ്യശാസ്ത്രപരമായ ഒരു വലിയ പ്രാധാന്യമുണ്ട് ഇന്ന് ഇരിക്കുന്നവർക്ക് അതിൻ്റെ ഒന്നും പ്രാധാന്യം മനസ്സിലാക്കില്ല അന്നത്തെ ചരിത്ര പശ്ചാത്തലം ശരിക്കും മനസ്സിലാക്കുക അതുകൊണ്ടുള്ള ഒരു വലിയൊരു ഗുണമെന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ ഇടയിൽ വലിയൊരു സംഘർഷമുണ്ടാവും അതോടൊപ്പം തന്നെ വളരെ കാര്യമായി സംഭവിക്കേണ്ടിയിരുന്ന ഒരു മതപരിവർത്തനം അത് തടയാനും പറ്റും വലിയ വിശാലമായ കാഴ്ചപ്പാടായിരുന്നെങ്കിലും അന്ന് ക്രിസ്ത്യൻ നരഭനകളിലൊക്കെ പോയി മതപരിവർത്തനത്തിലുള്ള പ്രോഗ്രാമെ തയ്യാറാക്കിയവരെല്ലാം നിരാശരായി അതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അത് നടക്കാതെ പോകും അപ്പോ ഇന്ന് ഹിന്ദുഐക്യം പറയുന്നവർക്കൊന്നും അന്നത്തെ ഈ പരിസ്ഥിതികളൊന്നും മനസ്സിലാകാ എന്താ സംഭവിച്ചതും അപ്പോഴത് ചിലർ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠയ്ക്കറികാരോ വളരെ കൂടായി പറഞ്ഞു അത് ഈഴവശിവനാണ് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അവശം തീർന്നത് ഏ പറഞ്ഞില്ലാന്നൊക്കെ ചെറുത് പറയും അതുപോലെ ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ് അപ്പൊ ഈ ചോദ്യകർത്താക്കളെ അങ്ങനെ ഉള്ള മറുപടി പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവും അത് ഈഴവശിവനാണ് ഇഴവശുപനാണ് ഇപ്പം നിങ്ങൾ എന്തിനാണ് വഴക്കുന്നുവരുന്നത് ദർശനോട് തീർന്നുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സംഘർഷം ഉണ്ടായിരുന്നു അവിടുന്ന് അങ്ങോട്ടുള്ള സംഘർഷം ഉണ്ടായിരുന്നു അപ്പോ ഇതൊരു പക്ഷേ രാമാനു ആചാര്യരുടെ മാർഗർശനം ആക്കിയതായിരിക്കാം എന്നെനിക്ക് തോന്നി എന്തായാലും അതിനൊരു ധാരണയാണ് പറഞ്ഞ സാന്തർ വിജയമായി അപ്പോ ഈ പ്രപത്തി എന്ന് പറയുന്നത് കൊണ്ടുവരികയും അവിടെ ജാതി വർഗ വർണ്ണലിംഗഭേദമില്ലാതെ സർവർക്കും വൈകുണ്ഠപ്രാപ്തി അതിലൂടെ സാധിക്കും പിന്നെ ഈ പറയുന്ന വൈദിക ഉപാസന അതിന് വൈദികന്മാർക്ക് തന്നെ എത്ര പേർക്ക് സാധിക്കില്ല അതുകൊണ്ട് ഇന്നും ഇഷ്ടാദ്വീതത്തെ കുറിച്ച് പറയുന്നവരൊക്കെ പറയുകയാണ് നിങ്ങൾ ഭക്തിയെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട നമുക്കെന്ന് ചെയ്യാൻ പറ്റിയത് പ്രപത്തിയാണ് പ്രപൃത്തിയുടെ ദീക്ഷ സ്വീകരിക്ക അതനുസരിച്ച് അത് താന്ത്യമായി വരുമ്പോൾ മാത്രം കുറച്ച് ഞാൻ അതിന്റെ വഴിക്ക് സഞ്ചരിക്കും അത് ഒരു നല്ല കാര്യമാണ് അത് ഈ വരട്ട കാര്യം കൊണ്ടാണ് രാമാനുജാചാര്യന്റെ ആൾക്കാരും ശങ്കരാചാര്യ എന്നാൽ സാമൂഹ്യപ്രതിബദ്ധതയുള്ള ഒരാചാര്യനായി കാണുന്നത് പക്ഷേ കാലക്രമേണം എല്ലാത്തിനും സംഭവിക്കുന്നത് അതിനകത്ത് പലരും ഗൂഢമൂലമായ വിശ്വാസികൾ വരികയും സാമ്പ്രദായികതകൾ വരികയും അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എല്ലാത്തിനും വരുന്ന മാറ്റം പറയാൻ അപ്പോ അതിന് സമാനം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭക്തി പ്രപത്തിയും തമ്മിലുള്ള വ്യത്യാസം പിന്നെ എന്തുകൊണ്ട് നമ്മളിത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതിന് പ്രധാനമായും ഭാഷ ഗീത മനസ്സിലാക്കി എന്ന് ആരും ധരിച്ചു കളയരുത് ശങ്കരഭാഷ്യം പഠിച്ചു കഴിഞ്ഞാൽ എന്തു മനസ്സിലായി എന്താ മനസ്സിലായി അദ്വൈതം മനസ്സിലായി ശങ്കരാദ്വൈതം മനസ്സിലായി മുഴുവൻ വെച്ചാൽ അതിപ്പോ എന്തെന്നു വെച്ചാൽ ഒരാളൊരു സിദ്ധാന്തം ആവിഷ്കരിച്ചിട്ട് ഒരു ഏത് ഗ്രന്ഥത്തെ വിശദീകരിച്ചാലും ചെലപ്പോ അവിടെ സിദ്ധാന്തത്തിന് പ്രതികാരമായി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനനുകൂലമാക്കാൻ പറ്റും ഇപ്പോൾ രാമാനുചാര്യന് ശങ്കരാചാര്യർക്ക് എതിരെ ഉന്നയിക്കുന്ന ഒരു പ്രധാനമായ ആരോപണം ശ്രുതിയാണല്ലോ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ അഭേദശ്രുതികൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ഭേദശ്രുതികളെയെല്ലാം തളികളയുകയും ഇതാണ് രാമാനുചാര്യെന്ന് പറയുന്നത് രാമാനുചാരികൾ ഞാൻ രീതി ശരിയല്ല ഭേദശ്രുതി അഭേദശ്രുതി ഘടകശ്രു ഈ മൂന്നിനെയും ഒരുപോലെ പ്രാധാന്യം അപ്പൊ അതാണ് പറയുന്നത് കുറച്ചുകൂടി ഒരു സമന്വയ ദൃഷ്ടിയില് വേദത്തെ വ്യാഖ്യാനിക്കണമെന്നുള്ള ഞാൻ പറയാം ഇപ്പൊ വേദശൃതി എന്ത് അതായത് ആ അതുപോലെയുള്ള ശ്രദ്ധ അത് കുറച്ചുകൂടി രാമാനുജ ഭാഷത്തിനെപ്പോ ആവർത്തിക്കുന്ന ഭോഗ്യം ഭക്ത ഭ്യം പ്രേരിതാര വളരെ വ്യക്തമായിട്ട് ഭോഗ്യം ഭക്ത പ്രേരിതാര കൃത്യമായി ഭോഗ്യം അചിത് രാമാനുജാചാര്യൻ എന്ന് പറയുന്നതിന് പേര് ഞാൻ ആചാര്യൻ എന്നി പറയത്തുള്ളൂ കുറച്ച് അക്ഷരം ലാഭിക്കാൻ വേണ്ടിയിട്ട ബഹുമാനക്കുറവുകൊണ്ടാണെന്ന് ആരും പറയരുത് അപ്പൊ ആചാര്യൻ പറയുന്നത് എന്താണ് ഭോഗ്യം പ്രേരിതാരം ശ്രീഹരി വാസുദേവൻ ശ്രീമന്നാരായൺ എല്ലാവരും തന്നെ ഈശ്വര് അചിത് ചേതി പദാർത്ഥ ഹൃദയം തൃത്വവാദികളാണ് ഇഷ്ടാദ്വീകൃതം മൂന്ന് പദാർത്ഥങ്ങളെ അവർ സ്വീകരിക്കുന്നത് ഈശ്വരൻ ചിത്ത് അജിത്ത് അജിത് പദാർത്ഥ ഹൃദയം ഹരിയാണ് ഈശ്വരൻ ജീവചിത് ജീവനാണ് ചിത്ത് ഭോഗ്യമജിത് പുനഃ ഭോഗ്യമായ സർവവും എന്ന് വെച്ചാൽ ജഡമായിരിക്കുന്ന സർവവും എന്താണ് അജിത്താണ് ഇതിനൊന്നും അസത്യമല്ല ഇത് തമ്മിലുള്ള പരസ്പര ഭേദം സത്യമാണ് ഇത് ശ്രുതിയെന്ന് പറയുന്നത് എന്താണ് ഭോക്ത ഭ്യം പ്രേരിതാരം ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്ന ഈശ്വര ഭോക്തി ഭോഗ്യം അജിത് പ്രേരിതാരം ഈശ്വരൻ ഹരി വാസുദേവൻ ശ്രീമന് നാരായണൻ ഇതാണ് ആചാര്യപക്ഷം പിന്നെ അഭേദശുദ്ധിയുണ്ട് ഇത് വേദശുദ്ധിയാണ് സർവം ദലിതം ബ്രഹ്മം അഭേദമുണ്ടല്ലോ അതാണ് വിശിഷ്ടയോ അദ്വൈതം എന്ന് പറയുന്നതാണ് അത് വിശിഷ്ട അദ്വൈതം വിശിഷ്ടം വിശിഷ്ടയോ അദ്വൈതം എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാതെ അവിടെയൊക്കെ ഈ അഭേദത്തെ സംബന്ധിക്കുക അത് സാന്ദർഭ്യമായിട്ട് ഞാൻ വ്യാഖ്യാനിക്കാം വരുന്ന ഭാഗം ഇനി വേറൊരു കാര്യം പറയുന്നത് രാമാനുജ ഭാഷ്യത് കാരണം ഈ രാമാനുജാചാര്യെത്രീകഴിക്കുക എന്നുള്ളതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പഴയ കാര്യങ്ങളിലന്നെ അന്ന് അതിനെ പറഞ്ഞു ചില ഗവേഷകന്മാർ പറയുന്ന അദ്ദേഹം മൂന്നേ എഴുതിയിട്ടുള്ള വേദാർത്ഥ സംഗ്രഹം ശ്രീ ഭാഷ ഗീതാ ഭാഷ ചിലത് പറയുന്നു അങ്ങനെല്ലാം കൂടുതലുണ്ടാവും അതായത് പ്രസ്ഥാനക്കറയ ഭാഷ്യമാണല്ലോ അന്ന് വേണ്ടത് അപ്പോൾ ശങ്കരാചാര്യത്തിൽ നടന്ന് ദശവും വിമുഷത്തിന് ഭാഷ്യവും എഴുതുന്നതിന് പകരം വേദാർത്ഥത്തെ തന്നെ അദ്ദേഹം എഴുതി അതാണ് ശ്രുതി പ്രസാദ് ശങ്കരാചാര്യ പിന്തുടരുക എല്ലാം ചോദിച്ചു പക്ഷെ മാന്ത്വാചാരണങ്ങളെയല്ല അതിനുവേണ്ടി അതിന്റെ അപ്പുറം കഴിഞ്ഞു ഉപനിഷത്തുകൾക്കെല്ലാം ഭാഷ എന്നാൽ ഈ രാമാനുജ സമ്പ്രദായത്തെ കിട്ടാതെ ഒരു രാമാനുജമി അദ്ദേഹം ഈ ഉപനിഷത്തുകൾക്കെല്ലാം ഭാഷ എഴുതിയിട്ടുണ്ട് വിഷ്ടാർത്ഥികൾ കിട്ടാനുള്ള പുസ്തകമാണ് വിഷ്ടാർദ്ധിക സമ്പ്രദായം ഞാൻ ഒരു കാര്യത്തെ തെറ്റിത്തിരിക്കുന്ന അത് രാമാനുചാര്യരുടെ ഭാഷയാണ് കാരണം രാമാനുജന എന്ന പേര് വരും പക്ഷെ അത് പിൽക്കാലം തോന്നുന്ന ഒരു ആചാര്യനാണ് അദ്ദേഹം രാമാനുചാര്യ പക്ഷേ പ്രസ്ഥാനത്രയ ഭാഷയെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തിരുപ്പതിയിൽ പോയി അവിടുത്തെ ദൈവം കൊണ്ടല്ലോ ശ്രീ വെങ്കട ചലപതിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് വേദാർത്ഥ സങ്കരം എഴുതിയെന്നും പറയുന്നു അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ഒരു പ്രഭാഷണം നടത്തി അത് സംഗ്രഹിച്ചു പറയും അതാണ് ആദ്യത്തെ അദ്ദേഹത്തിന്റെ രചന എന്ന് പറയും എന്റെ സ്ത്രീ ഭാഷ വഴി ഇത് വഴി ഗീതാ ഭാഷ വഴി പിന്നെ വേറെ ഗ്രന്ഥങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങളുടെ പേര് പറയും എന്തായാലും ഇദ്ദേഹം പറയുന്ന ഈ തൃത്വം ഈശ്വരൻ ജീവൻ ജഡം എന്ന് പറയുന്ന ഈ മൂന്ന് പദാർത്ഥങ്ങൾ ശുചി സമ്മതമാണ് അതിൽ ഭേദത്തെക്കുറിച്ച് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അഭേദത്തെക്കുറിച്ച് പറയുന്നത് സർവിതം അതേപോലെ യാതൊരു സംശയത്തിനും ഇടപെടുക്കാതെ പറയുന്ന ഗ്രന്ഥങ്ങൾ അതങ്ങനെ തന്നെ സ്വീകരിക്കാം പിന്നെ വരുന്നത് ഘടകശ്രുചി അത് ബ്രഹാന്യത്തിൽ വരുന്ന ശ്രുതികൾ കുറേ ശ്രുതികൾ ഒരുപോലെ വരും യഹ പൃഥി തിഷ്ഠതി എന്ന് തുടങ്ങുന്ന യാ ഏതൊരുവനാണോ മനസ്സിൽ ഇരിക്കുന്നത് ഏതൊരുവനാണോ പൃഥ്വിയെ തിഷ്ഠിക്കുന്നത് ഏതൊരുവനോ പൃഥിവിടെ ആന്തരികമായിരിക്കുന്നു മനസ്സിന്റെ ആത്മാവായിരിക്കുന്നു ഏതൊരുവനാണോ ആത്മാവിൽ ഇരിക്കുന്നത് പൃഥിവി നിയന്ത്രിക്കുന്നത് അന്തരിയ നിയന്ത്രണം എം ഏതൊരുവനാണോ പൃഥിവിന വേദം തേജ് നമ്മ ചക്ഷേദ ശ്രോത്രവേദ ആത്മാനവേദ സർവാണി നവേദ ഇങ്ങനെ പറയും അപ്പൊ പൃഥിവിയുടെ ഉള്ളിലിരിക്കുന്നു ഓരോ വസ്തുക്കളെ എടുത്തു പറയും പൃഥിവിടെ ഉള്ളിലിരിക്കുന്നു തേജസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്നു വായുവിന്റെ ഉള്ളിലിരിക്കുന്നു ഓരോന്നിന്റെ ഉള്ളേ ഇരിക്കുന്നു പിന്നെ ഒന്നുകൂടെ പറയും പൃഥ്വി ശരീരം ആത്മാശരീരം സർവാളി ശരീര ചക്ഷുശരീരം സ്ത്രോത്ര ശരീരം ആ ഉള്ളിലിരിക്കുന്നവന്റെ ശരീരമാണിതല്ല ആത്മാവും അവന്റെ ശരീരമാണ് എം ഈ പൃഥ്വി അറിയുന്നില്ല ജനമറിയുന്നില്ല ആപ്പറിയുന്നില്ല ചക്ഷുരന്തി അറിയുന്നില്ല മനസ്സറിയുന്നില്ല എന്നുവെച്ചാൽ അവൻ മനസ്സിന്റെ ഉള്ളിലിരിക്കുന്നു ഒരാൾ മനസ്സിന്റെ ആത്മാവായിരിക്കുന്നു മനസ്സിന്റെ ഉള്ളിലിരുന്നുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുന്നു പക്ഷെ അവനെ മനസ്സറിയുന്നില്ല ഇതാണ് ഘടകശ ഇത് ഈ ശ്രുതി എന്തായാലും ഇതിനെല്ലാത്തിനും കൂടെ സംയ്പിക്കേണ്ടി സർവദർശന സംഗ്രഹത്തിൽ വിദ്യാഭ്യാസം അവിടെ ഒരു ചോദ്യം ിം അത്ര തത്വം എന്താണ് ഇങ്ങളുടെ തത്വം ഭേദോവ അഭേദോ ഭേദോ ഭേദോവ എന്താണ് ഇങ്ങളുടെ തത്വം ഭേദമാണോ അഭേദമാണോ ഭേദാഭേദമാണോ നിങ്ങൾ എന്താ ഈ പറയുന്നത് മറുപടിയാണോ സർവം തത്വം ഞങ്ങളെ സംബന്ധിച്ച് എന്താണോ ഇതെല്ലാം തത്വം തന്നെ തത്വമാണ് അഭേദവും തത്വമാണ് ഭേദാഭേദവും തത്വമാണ് പിന്നെന്താ പ്രശ്നം ഞങ്ങൾ ഭേദത്തെ അംഗീകരിക്കുന്നു അഭേദത്തെ അംഗീകരിക്കുന്നു വേദാഭേദത്തെയും അംഗീകരിക്കുന്നു അങ്ങനെ ഇതെല്ലാത്തിനും അംഗീകരിച്ചിരിക്കുന്ന ശുദ്ധിയാണ് എന്ന് പറയുന്നു ഘടകശുദ്ധി അപ്പൊ ഇതിനെല്ലാത്തിനും പ്രാധാന്യം ശുദ്ധി പ്രമാണമായിട്ട് ഒരു തത്വത്തെ വിശദീകരിക്കുമ്പോൾ ഭാഷകാരം എന്താ പറയുന്നു അഭേദശുദ്ധികളെല്ലാമാണ് മുഖ്യം ബാക്കിയുള്ളതെല്ലാം ഗൗണമാണ് അല്ലെങ്കിൽ സ്വാഭാവികമാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് അതിനെയൊക്കെ നിഷേധിക്കുക അല്ല എന്റെ ആവശ്യം എല്ലാത്തിന്റെയും മുഖ്യാർത്ഥത്തിൽ തന്നെ എടുക്കുക എന്നിട്ടവിടെ മറ്റുള്ളതിലൊക്കെ രക്ഷണയെ സ്വീകരിക്കുക ഗൂഢമോക്കെ ഇതിന്റെയൊക്കെ ആവശ്യം തോന്നുന്നു എന്നിട്ട് ഈ ആശയത്തെടുക്കുക മനസ്സിൻ്റെ ഉള്ളിൽ ഒരുവനെ ഇരിക്ക മനസ്സിനെ അറിയത്തില്ല അവനുള്ളിൽ ഇടുന്നു മനസ്സിനെ നിയന്ത്രിക്കുന്നു ബ്രാഹ്മയൻ സർവഭൂത ആ ഭാഷയോട് വായിക്കുമ്പോൾ ഇത് രാമാനുജ ഭാഷയത്തോടല്ലാതെ ആരോടാണ് യോജിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു രാമാനുചാര്യരാണോ ശരി അതേ ശങ്കരാചാര്യരാണോ ഏ അങ്ങനെ ഏ കേട്ടില്ല അതെല്ലാം നമ്മളിന്നു ചർച്ച ചെയ്യാൻ പോകുന്നു ഒറ്റയടിക്ക് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ല ആമ്പിയല്ല ക്രമേണ ഞാൻ ഒറ്റയടിക്ക് എനിക്ക് പറയാനും പറ്റത്തില്ല ഒറ്റയടിക്ക് മനസ്സിലാക്കാനും പറ്റത്തില്ല ക്രമേണ മനസ്സിലാക്കി ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ഐഡിയ എടുക്കുകയാണെന്നുള്ളതാണ് ഇതാണ് രാമായ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ശ്രീമദ്ഭഗവത്ഗീതയുമായിട്ട് വളരെയധികം ഒത്തുപോകുന്ന കാര്യം മുഴുവനുമൊക്കെ പറയാൻ ഞാനല്ല അനന്തന എന്റെ ചെറിയ ബുദ്ധി വെച്ച് എന്റെ ചെറിയ അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ സർവവും പറയാൻ അയോ എനിക്കറിയത്തില്ലെന്ന് പ്രശ്നം തീർന്നിട്ടു മുഴുവൻ പറയാൻ എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇല്ലേ ഈ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പം എന്താണോ സെഞ്ചറി അടിക്കാനായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ഈ എന്താണ് ഗോപ്പഠിക്കാത്ത എനിക്കെന്ന് വെച്ചാൽ പറയാൻ പറ്റൂ അണ്ട് അങ്ങനെ ഒന്നും എന്തായാലും ഈ എനിക്ക് അതിനൊരു അവസരം കിട്ടിയിട്ടുണ്ടെന്നാണ് ഈ ജ്യാദ്വിതത്തെക്കുറിച്ച് രാമാനന്ദി സമ്പ്രദായത്തിൽ ചില സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത് അവരുമായിട്ടൊക്കെ എനിക്ക് പല ചർച്ച ചെയ്യാനൊരു അവസരം കിട്ടി എനിക്ക് ഇതിനോട് താല്പര്യം ഉണ്ടായത് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പോളിസീതയുള്ളൂ ഒന്ന് പറയുമ്പോൾ അത് നമ്മൾ പൂർണമായും അതുകൊണ്ട് പൂർണ്ണമായ ആത്മാർത്ഥതയോടുകൂടി പറയുക അല്ലാതെ ഒന്നും അടിപിടിച്ച് തരിഞ്ഞിട്ടില്ല അങ്ങനെ വിചാരിക്കുന്നു മനസ്സിലായാലും അങ്ങനെ സംഭവിച്ചിട്ടില്ല ഒന്നിനും അഡിക്റ്റ് ആവാതിരിക്കാന്നുള്ളതാണ് എന്റെ ഒരു രീതി മനസ്സിലാക്കുക എല്ലാം അറിയുക അഡിക്റ്റ് ആയിപ്പോ പറയുക അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തിനൊന്ന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഏതിനെ അഡിക്റ്റ് ആയാലും അത് ബാധിക്കുന്നതിനും എന്നറിയാമോ ബ്രെയിനെ എല്ലാ സ്ഥിതിക്കും കഴിക്കുന്നവരെ അതിനെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ബ്രെയിനിനെ അത് ബാധിക്കും ബ്രെയിനിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അഡിഷൻ മാറത്തില്ല ചികിത്സിച്ചാലും ശരിയാകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒന്നിനോടും അഡിക്റ്റ് ആകാതെ എല്ലാം മനസ്സിലാകുക അതാണ് എൻ്റെ രീതി പക്ഷെ ഞാൻ ഇങ്ങനെ പറയുന്നോ ഞാൻ ഇതാണ് മറ്റതാണ് മറിച്ചതാണ് അങ്ങനെയൊന്നുമില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ അത് സത്യസന്ധമായി കഴിയുന്നത്തെ ആത്മാർത്ഥത്തോടുകൂടി നമ്മുടെ ബുദ്ധി ചെറുതാണെങ്കിലും അതിനനുസരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക പറയാസം ശരി ശരിയെന്ന് പറയുക അതോടൊപ്പം തന്നെ എന്താണ് തെറ്റ് ഇത് രാമാനുജാചാര്യന്റെ ഒരു പ്രധാനമായ സിദ്ധാന്തമാണ് രണ്ട് കാര്യം എന്താണ് ശരി എന്താണെന്ന് കണ്ടെത്തുക അതോടൊപ്പം തന്നെ എന്താണ് തെറ്റിനെ ഒഴിവാക്കുക എന്നി അതിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഞാനത് പറയാം അപ്പോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതൊരു ശരിയായ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതിന് തെറ്റു വന്നാണ് പറയേണ്ടിയില്ല നമുക്ക് തെറ്റെന്ന് തോന്നുന്നു അങ്ങനെ ഞാന സർവജ്ഞനാണെന്നുള്ള ദൈവിയെ ധരിച്ചുള്ളത് എന്റെ ബുദ്ധിക്കനുസരിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുന്നതോ ശരിക്കും ഈ രാമാനുജ സമ്പ്രദായത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ മനസ്സിലാക്കി പറയണമെങ്കിൽ ആഴ്വാർമാരുടെ കൃതികളെ കുറിച്ചൊക്കെ എന്താണ് നല്ല അറിവ് വേണം അതിന് തമിഴ്ന് അതും എന്താ പഴയ എന്ത് തമിഴെന്നായാലും പറയുന്നു ആ എന്തിഴോ ഉടൻ തമിഴോ കടുത്തൊരു തമിഴാണ് അത് പലതും ഞാൻ കേട്ടു നോക്കിയിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ ആ ഭാഗത്ത് വളരെ ദുർബലമാണ് പിന്നെ നമ്മുടെ ഈ അഭ്യാസം മുഴുവൻ പിടിച്ചുകൊണ്ടാണ് സംസ്കൃതത്തിന് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ അഭ്യാസം പോലെ ഒരു ഭാഗമേ ആകുന്നു പക്ഷെ വരുന്നുണ്ട് കേട്ടോ ഈ നാഥമുനിക്ക് ശേഷം ഒരുപാട് ഈ വാഴവാളന്മാരുടെ ആശയങ്ങളെല്ലാം ഇത് സംസ്കൃതത്തിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് അപൂർണമാണെന്ന് ധരിക്കില്ല പക്ഷെ എന്നാലും നമ്മളൊന്നും അതിനെ ഒറിജിനെ പോയി മനസ്സിലാക്കുന്ന ഇതുകൊണ്ട് അതും മനസ്സിലാക്കത്തിനുള്ള ശേഷി എനിക്കില്ല അതങ്ങനെ അദ്ദേഹം തമിഴ്നാട്ടിൽ ശ്രീ പെരുമ്പത്തൂറിൽ ജനിച്ചയാളുണ്ട് അദ്ദേഹത്തിന് തമിഴില് നല്ല അഗാധമായ പാണ്ഡിത്യങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നതൊക്കെ സംസ്കൃതത്തിലാണ് കാരണം അന്നത്തെ കാലാവസ്ഥ അതാണ് കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ശങ്കരായ മറുപടി പറയണം അത് പറയണമെങ്കിൽ തമിഴ് പറഞ്ഞാലേക്കാണ് സംസ്കൃതത്തിൽ തന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്നു അതുകൊണ്ട് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് ഞാൻ പറയുന്നു ഏത് ഇങ്ങനെയൊക്കെ പോരായ്മകൾ എന്തിനുണ്ട് എങ്കിലും രാമാനുജ ഭാഷ്യം രാമാനുജാൻ്റെ ആശയം ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് രാമാനുജ ആശയം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഗീത മനസ്സിലാക്കുക എന്നുള്ള ഗീത മനസ്സിലാക്കുന്നതിന് അത് കൂടുതൽ സഹായിക്കുന്നതുകൊണ്ട് രാമാനുജ ഭാഷ ചേർച്ച ചെയ്യുന്നു എന്നുള്ളൂ അല്ലാതെ മിഷ്ടാഭേദ സിദ്ധാന്തം കാരണം അത് വലിയൊരു പണിയാണ് അതെനിക്കറിയാം ഇഷ്ടാദ്വൈത സിദ്ധാന്തം പൂർണ്ണമായും അത് മനസ്സിലാക്കുക അദ്വൈതത്തിൽ എന്തുമാത്രം പരിശ്രമം ഞാൻ നടത്തിയോ അത്രയും നടത്തേണ്ടി വരും അതിനുള്ള ആയുസ് ബാക്കി പക്ഷെ ഗീത എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി ഒരു വ്യക്തത വരും അതാണ് അതിൻ്റെ പ്രയോജനമായി ഞാൻ കാണുന്നത്